ക്ഷം തസ്യാഖ്യൂതം ഭവിഷ്യതിർ ഓവ് അയക്കാദം തദപ്യോങ്ക एको ജാഗരികോഹിപ്രജ്ഞസോനവിംതിമുഖസ്തുനഭവഗൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോ അന്ത പ്രജ്ഞസ്പഗോന വിശ്വസമുഖ പ്രവൃത്തഭുക്തശോ ദ്ധീയ പദ യത്രോ നു കഞ്ചന കാമം കാമയെ കഞ്ചന സ്വപ്നം പശ്യ തസ് ശക്തം സുശക്തസ്ഥാനൂത പ്രാനഘനവാനന്ദം യൂഹ്യാനന്ദഭുക്േദോമുഖപ്രീയ പാദരേന്തരേശ � kern solamente madre ցн fundamentals dragging�лек Ṭjackataatedāй? ter barkî pazarā vir Pulauj yā María Guziousa aram iliyaki śā snapditaoti monār Baṓ 아이� algorithm ing maça íssarmasy적으로 ayâm adarsyas shuttle, vatStopty내 transportpanceryam d boys.南āasmu ayилась di kol hanag ha greca. Coca-� threadedās le footnot похod piuli.естьmedicalahu 협 así te hartu, vatiós distracidās, cu do i vādi FUCK Нам dres faculty metereda Ninja difthi tuttaata Heartāda consumer fairness profesional. sauv кори Bagいい manus l Jeropal electricity that we ק Qui I Niee Mixed, so that will come С� dammi. report to you who should pursue Naraka하게 per woman. The person's walking is essential. Met the bush what such vine is പ്രപഞ്ചോപം ശാന്തം ശിവം അന്തം ചതുർത്ഥം മന്യത്തി സാത്മാേയ പദ മാത്ര പാദകാഗരിതോ വൈശ്വാനോ അപാര പ്രഥമ മാത്രമ ആപ്പണോതി വൈ സർവാൻ കാതിശ്നസ്ഥാനോ ദ്ധീയാ മാത്ര ഉദ്ധേ ഉത്കർഷരിഹ വൈ ഞാന സുന്ദരിം സമാനശ്വതി നമ്മവിത്കുലേം വേദ ൃതീയമാത്രേതിഥ്യവഹാര പ്രപഞ്ചോശമേവ സംവിശതി ആത്മാനം ഉന്നത ശാന്തി പ്രകടനത്തിൽ എമ്പത്തി ഏഴാമത് കാര്യം जायते सर्वं तेन ൃ് ജയത്തെ ശതം നൈ സദ്ഭാവന नास्ति ഉച്ചേദസ് അന ആത്മനൊ അന്യനാസ്തിവ തത് കദം હેദു ഭനയുഹു സംസാരസക ഉത്പത്തി વિનાശം ഉച്ഛീയതൈ ചിദ്യം സജ്ഞാതമനൊ അനിത്നാസ്തിവ നിബവരണ വിഷയമനൊ അജമായിരിക്കുന്ന ഈ ആത്മതത്വത്തിൽ നിന്ന് അന്യമായി വിജ്ഞാനത്തിൽ നിന്ന് വ്യതിരിക്തമായി മറ്റൊന്നുമില്ല പ്രപഞ്ചമില്ല തത്കഥം ഹേതുഫലയോ സംസാരത്തിൽ ഉത്പത്തി വിനാശമോ ചെയ്തു പക്ഷെ എന്നിരുന്നിട്ടും ഹേതുഫലങ്ങളുടെ ധർമാധർമ്മം അതിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ വിത്തംപക്ഷവും ഹേതുഫലങ്ങൾ അതെല്ലാം അടങ്ങുന്ന ഈ സംസാരം എന്റെ ഉത്പത്തി വിനാശവും സംസാരം എന്ന് പറയുമ്പോൾ ജനന മരണങ്ങളായി ജനന ഉത്പത്തിയായി മരണനാശമായി ഇതെല്ലാം അനുഭവപ്പെടുന്നതിന് എന്ത് സമാധാനം പറയും ഇന്നുമ്പോൾ പറഞ്ഞതാണ് എന്നാലും തന്നെ മറ്റൊരു തരത്തിൽ ഒന്ന് പരമാർത്ഥ തത്വം അത് വിജ്ഞാനമാണ് അതൊരു വികാരമാണ് മറ്റൊന്ന് ഇവിടെ ഉത്പത്തി വിനാശങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതിന് സമാനം പറയുന്നു സംവൃത്യ സംവരണം അവിദ്യാവിഷയവുപ്പും ലൗകിക വ്യവഹാരൃായ സർവം വിദ്യാവിഷയേ ശാശ്വതം നിത്യം ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സമൃദ്ധി കൊണ്ട് സംഭവിക്കുന്നു എന്താണ് സമൃദ്ധി സംവരണം വിദ്യാവിഷയവും ലഭിക്കോ സമൃദ്ധി എന്ന് പറയുമ്പോൾ പരമാർത്ഥത്വം മറയ്ക്കുന്നത് അതാണ് സമൃദ്ധി സംവരണം എന്ന് പറയുന്നത് ഈ ലൗകിക വ്യവഹാരങ്ങൾ അതായത് വിജ്ഞാനം വേകമായിരിക്കെ വിജ്ഞാനത്തിന് നന്യമായി മറ്റൊന്നുമില്ലാതിരിക്കെ പിന്നെ വ്യവഹാരം പാടില്ല വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്ത അത് ഈ വിജ്ഞാനത്തിൽ സംഭവിക്കാൻ പാടില്ല മറ്റ് പ്രവർത്തികർ അതും സംഭവിക്കാൻ പാടില്ല പിന്നീട് വാക്ക് ഇന്ദ്രിയങ്ങളുടെ മറ്റേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങൾ പിന്നെ ബാഹ്യമായിട്ടെന്ന രീതിയിൽ അനുഭവപ്പെടുന്ന കർമ്മങ്ങൾ പരിണാമങ്ങൾ ഇതാണ് ലൗകിക വ്യവഹാരം ജീവനെ ആശ്രയിച്ച് നടന്നു വരുന്ന സ്ഥൂല സൂക്ഷ്മ വ്യവഹാരങ്ങൾ ഇത് ഇതാണ് സമൃദ്ധി എന്ന് പറയുന്നത് സമൃദ്ധി അവിദ്യ അവിദ്യ കാര്യം എല്ലാത്തിനും ചേർത്ത് പറയുകയാണ് അവിദ്യാ വിഷയം എന്ന് പറയുന്നത് അത് വിജ്ഞാനത്തിന്റെ വിഷയമല്ല വിജ്ഞാനം ഏകമാണ് അപ്പൊ അവിടെ വിഷയി വിഷയഭാവമില്ല അവിദ്യ എന്ന് പറയുന്നത് സർവം അതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാര്യം പറഞ്ഞതാണ് പക്ഷെ ഇവിടെ ശബ്ദം മാറ്റി പറഞ്ഞു സമൃദ്ധി കൊണ്ട് സംഭവിക്കുന്നു പിന്നെ അവിദ്യാവിഷയെ ശാശ്വതം നിത്യം നാസ്തി അതുകൊണ്ട് അവിദ്യാകാര്യമായിരിക്കുന്ന ഈ വ്യവഹാരത്തിൽ ഒന്നിനെയും ശാശ്വതം ഒന്ന് വരതണ്ട കാരണം സമൃദ്ധി അത് പരമാർത്ഥത്തെ മറയ്ക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ് പരമാർത്ഥത്തെ മറക്കുന്നതോടൊപ്പം ഈ നാനാത്വങ്ങളെല്ലാം സൃഷ്ടിക്കുകയും ചെയ്യുന്നു സാധാരണ അദ്വൈതത്തിൽ അവിദ്യ എന്നാ പറയുന്ന മായ ഇവിടെ സമൃദ്ധി എന്ന് പറയുന്നു സമൃദ്ധി ശബ്ദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറയുന്നത് എന്താണോ കാരണം ഈ സമൃദ്ധി ശബ്ദം കൂടുതൽ ഉപയോഗിക്കുന്നത് അവിദ്യ എന്നുള്ള അർത്ഥത്തിൽ ബൗദ്ധ സാഹിത്യത്തിലാണ് അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അദ്വൈത സാഹിത്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാറുള്ള ഈ പദം എന്നാൽ ബൗദ്ധസാഹിത്യത്തിൽ ബൗദ്ധസാഹിത്യം എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധന് ശേഷം വന്നിട്ടുള്ള വളരെ പ്രസിദ്ധ ആചാര്യന്മാർ വിജ്ഞാന ഭിക്ഷു പശുബന്ധു അശ്വംഭൂഷൺ അങ്ങനെ നിരവധി പേരുണ്ട് അവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് സമൃദ്ധി വൈദ്യ എന്നുള്ള ആൾക്കാർ അതെങ്ങനെ ഇതിനകത്ത് കടന്നു വന്നു എന്നാണ് അതുകൊണ്ട് പറയുന്നു ഇത് ബൗദ്ധ സാഹിത്യത്തിനോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്നും പറയുന്നുണ്ട് അത് നിഷേധിക്കാനും പോയ കാരണം നമ്മൾ പറയുന്ന ഈ വിജ്ഞാനം വിജ്ഞപ്തി തുടങ്ങിയതെല്ലാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൗദ്ധ സാഹിത്യത്തിലാണ് പ്രത്യേകിച്ച് വിജ്ഞാന ശബ്ദം ഇവിടെ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലത് കുറവാണ് മറ്റു പുനിഷത്തുകളിലും കുറവാണ് ഇവിടെ കാര്യയിൽ വിശേഷിച്ച് അതുകൊണ്ട് ബൗദ്ധ സാഹിത്യത്തെ പിന്തുടർന്നു വന്ന ഒന്നാണ് ഇത് എന്ന് ചിലർ സമർത്ഥിക്കുന്നു ഗൗഢബാതാചാര്യയുടെ അതിനൊന്നുകൂടി പരിഷ്കരിച്ച് അതിനെ അദ്വൈതത്തിന് പറ്റിയ രീതിയിൽ മാറ്റിയെന്നാണ് ഭാഷ്യകാരൻ അതിനനുസരിച്ച് ഭാഷ കഴിച്ചു പക്ഷെ ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് ബൗദ്ധ ദർശനങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ട് ബൗദ്ധ ദർശനത്തോടുള്ള കടപ്പാട് എങ്ങനെ വരും എന്ന് ചോദിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് ഭാഷ്യകാരൻ ബൗദ്ധാചാര്യന്മാരെ മാത്രമല്ല ആസ്തികന്മാരായ കപിലൻ പതഞ്ജലി പ്രണാദൻ ഗൗതമൻ തുടങ്ങിയ ഋഷിമാരെല്ലാം നിഷേധിച്ചിട്ടുണ്ട് ജെയ്മിനി അവരെല്ലാം ആസ്തികന്മാരാണ് നിഷേധിച്ചിട്ടും അവരിൽ നിന്ന് പലതും സ്വീകരിക്കുകയും ചെയ്യുന്നു അവരുടെ സിദ്ധാന്തങ്ങളുടെ പല അംശങ്ങളും സ്വീകരിച്ചു അതുപോലെ ായി ഗണിച്ചിരുന്ന നാസ്തികന്മാരായ ആചാര്യന്മാരെ നിഷേധിച്ചിട്ട് അവരിൽ നിന്ന് പലതും സ്വീകരിച്ചു എന്ന് പറയുന്നു എന്തായാലും ഇതിന് ആ ബൗദ്ധ സാഹിത്യത്തോടുള്ള ബന്ധം വളരെ വ്യക്തമാണ് അതിനൊരു തെളിവാണ് ഈ സമൃദ്ധി എന്ന് പറയുന്ന ശബ്ദം ബൗദ്ധാന ലോകമൃദ്ധി സത്യം ചരമാർത്ഥത ബോദ്ധാചാര്യൻ പറഞ്ഞിരിക്കുന്ന രണ്ട് സത്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബുദ്ധന്റെ ഉപദേശങ്ങൾ ലോകസമൃദ്ധി സത്യം അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൽ പറയുന്നത് വ്യവഹാരിക സത്യന്റെ പരമാർത്ഥത പാരമാർത്ഥിക സത്യം വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക സത്യവും എന്ന് പറയുന്ന രണ്ട് സത്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ബൗദ്ധ ഉപദേശങ്ങളെല്ലാം അവിടെയും പറയുന്നതാണ് ലോക സമൃദ്ധി സത്യം അവിടെ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നത് അത് അവരും പറയുന്നുണ്ട് ആവിജ്ഞകമാണോ അതിനപ്പുറം പരമാർത്ഥമായിട്ടൊന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്നെ തന്നെ ഒന്ന് പരിഷ്കരിച്ചാണ് ഇവിടെ വ്യാവഹാരിക സത്യം പാരമാർത്ഥിക സത്യം എന്നിങ്ങനെ രണ്ടാക്കിയിരിക്കുന്നത് അതെല്ലാം കൊണ്ട് ആണ് ഈ ബന്ധത്തെ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത് അതുകൊണ്ടാണ് പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് ശങ്കരാചാര്യർ പലരും പറയുന്നത് മണ്ഡിക്കു സംബന്ധിച്ച് പൂർണമായും പ്രച്ഛന്ന ബൗദ്ധൻ തന്നെയാണ് കാരണം എന്തുകൊണ്ട് ബൗദ്ധന്മാരെന്താ ചെയ്ത് ഒരു വേദപ്രമാണത്തെ നിഷേധിച്ചും പ്രധാനമായിട്ടും അതാണ് എവിടെയും ഫലത്തിലെന്താണ് ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ് ഒരേ ഒരു വിജ്ഞാനം മാത്രം അതിൽ മറ്റു ഒരു തരത്തിലുള്ള പ്രമാണ പ്രമായവ്യവഹാരങ്ങളും പരമാർത്ഥത്തിൽ ഇല്ല അവരും അതേ പറയുന്നുള്ളൂ ലോകസമൃദ്ധി സത്യം സത്യം പരമാർത്ഥത പരമാർത്ഥത്തിലൊന്നുമില്ലെന്ന് അവരും പറയും ഇവിടെ അതെന്ന് പറയും പിന്നെ അവിടെ പ്രമാണമില്ല പ്രമാണ പ്രവർത്തിയില്ലെങ്കിൽ പിന്നെ അവിടെ വേദത്തിന് സ്ഥാനമില്ല അപ്പോൾ ഒരു രീതിയിൽ ൌദ്ധന്മാർ വേദപ്രമാണത്തെ നിഷേധിച്ചെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതെല്ലാം മായികമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യർ അത് തന്നെ ചെയ്തു അതുകൊണ്ട് ജൈമിനി ഡാനിയായികളും മറ്റും അതായത് വേദപ്രാമാണത്തെ മുറുക പിടിക്കുന്നവർ പറയുന്നത് എന്താണ് ശങ്കരാചാര്യർ പ്രച്ഛന്ന ബൗദ്ധനാണ് എന്ന് പറയും ഫലത്തിലൊന്നുതന്നെ സംഭവിച്ചല്ലോ വേദത്തിനും വിലയില്ലാതെ വന്നു അതുകൊണ്ട് എന്തായാലും ശരി അത് മറ്റൊരു വിഷയമാണ് ഇവിടെ സമൃദ്ധി ശബ്ദം വന്നതുകൊണ്ട് പറഞ്ഞാണ് ഇവിടെ പറയുന്നു എന്താണ് അവിദ്യാവിഷയേ ശാശ്വത നിത്യം നാസ്തിവൈ അവിദ്യ കാര്യമായി അനുഭവപ്പെടുന്ന ഇവിടെ പറഞ്ഞു ഇത് കേവലമായൊരു വിജ്ഞാന ഭാനമാണ് പ്രതീതിയാണ് ഇവിടെ അവിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ശാശ്വതമായി നിത്യമായും ഒന്നിനെയും കാണാൻ കഴിയില്ല പക്ഷേ നമുക്ക് പലതും നിത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതഹ ഉത്പത്തി വിനാശലക്ഷണ സംസാര ആയത നിത്യുച്ചുമ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ സംസാരം ദീർഘമായി പോകും ഇതിന്റെ അജാതിയെ സ്വീകരിച്ചില്ലെങ്കിൽ സംസാരം ഇത് അനന്തമായി തുടരും ഇതിന് അംഗീകരിക്കേണ്ടി ജനനത്തെ അംഗീകരിച്ച് സ്ഥിതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് അനന്തമായി പോകും കാരണം നാശം സംഭവിച്ചാലും വീണ്ടും ജനനം സംഭവിക്കാം അതുകൊണ്ടും ജനിക്കുന്നു സ്ഥിതി ചെയ്യുന്നു നശിക്കുന്നു അതുകൊണ്ടെല്ലാം അവസാനിക്കുന്നു കരുതാൻ വയ്യ ജനനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നാശത്തിന് ശേഷവും വീണ്ടും ജനനത്തെ സ്വീകരിക്കേണ്ടി സംസാരം ദീർഘമായി തീരും സത്യമായി സ്വീകരിച്ചു അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്നു പുനർജന്മത്തെ സ്വീകരിക്കുന്നു ആരാണ് പുനർജന്മത്തെ സ്വീകരിക്കുന്നത് സത്യമാണെന്ന് കരുന്ന് ജനനം സത്യമാണെന്ന് കരുതി അവിടെ പുനർജന്മമുണ്ട് ജനനം സത്യം അല്ലെങ്കിൽ തന്നെ പുനർജന്മം സംഭവിക്കത്തില്ല പുനർജന്മത്തെ അംഗീകരിച്ചാലോ ഇതൊരിക്കലും അവസാനിക്കത്തില്ല എന്തുകൊണ്ട് നാശം അടുത്ത ഒരു ജന്മത്തിന് കാരണമായി നിൽക്കും പുനർജന്മം അംഗീകരിച്ചാൽ ജനനം സത്യമായി അംഗീകരിച്ചാൽ പുനർജന്മത്തെ അംഗീകരിക്കും പുനർജന്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസാരം അവസാനിക്കത്തില്ല അതുകൊണ്ട് തന്നെ അത് വിധത്തിൽ പല ആചാര്യന്മാരും പുനർജന്മത്തെ അംഗീകരിക്കുന്നതിന് ഒരു തരത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാനേ സാധ്യതയില്ല അവർ പറയുന്നത് നിങ്ങൾക്ക് പുനർജന്മത്തെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ജന്മത്തെ അംഗീകരിക്കും ജന്മത്തെ അംഗീകരിച്ചാൽ പോലെ അത് സത്യമായി അംഗീകരിക്കും അംഗീകരിച്ചാലോ മോക്ഷം അസാധ്യമായി തീരും സംസാരം അനന്തമായി തീരും അതുകൊണ്ടത് അംഗീകരിക്കുന്നുണ്ട് അജാതി അതിവിടെ പറയുന്നു ജനനമേയില്ല അതുകൊണ്ട് ഇവിടെ ശാശ്വതമായി ഒന്നുമില്ല അതുകൊണ്ട് സംസാരം ദീർഘമായി തുടരും എന്നുള്ള കൽപ്പനയ്ക്കൊരു അടിസ്ഥാനവുമില്ല പരമാർത്ഥ സദ്ഭാവേന ം സർവം ആത്മീവ യസ്മ അതുകൊണ്ടെന്താണ് പരമാർത്ഥ സദ്ഭാവേന സദ്ഭാവം ഒന്നിനെയുള്ളൂ പരമാർത്ഥത്തിന് മാത്രം ആത്മരൂപത്തിൽ സർവവും നിലനിൽക്കുന്നുവെന്നും പറയാം ആത്മഭിന്നമായിട്ടുണ്ട് ആത്മരൂപമായി ഈശ്വരവും നാമരൂപങ്ങളും പ്രപഞ്ചവും എല്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാലും ദോഷം ആത്മരൂപം എന്ന് പറയുമ്പോൾ എന്തായി അതിൽ നിന്ന് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട അതങ്ങനെ നിലനിന്നോട്ടെ വിജ്ഞാനമായിട്ട് അത് പിന്നെ നമുക്ക് അജമെന്നോ നിത്യമെന്നോ വിളിക്കുന്നുണ്ട് ദോഷമല്ല പക്ഷേ വിജ്ഞാനം വ്യതിരിക്തമായി വന്ന് കാണുകയും അതിന് സത്യം എന്ന് ചെയ്താൽ സംസാരം അവസാനിക്കാതെ വരും മോക്ഷശാസ്ത്രം തന്നെ വ്യർത്ഥമായിത്തീരും അതുകൊണ്ട് അജം സർവം ആത്മീവ അജം ആത്മീവ സർവം സ്രവം അജമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് അതുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അജാതിയെക്കുറിച്ച് പറയുന്നത് അതോ ജാത്യാദ്യ ഭാവാ ഉച്ഛേദനാസ്തമായി ഫലാദേഹി അതുകൊണ്ടെന്താണോ ജന്മാദികളില്ല ജന്മാദികൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും വിജ്ഞാനത്തിൽ നിന്നും വേറിട്ടല്ല നിലനിൽക്കുന്നില്ല അതുകൊണ്ടതില്ല തന്നെ പരമാർത്ഥത്തിൽ അതുകൊണ്ട് ഹേതു ഫലാദേഹി അതുകൊണ്ടെന്താണ് ആദ്യം എന്താണോ വൃക്ഷമാണോ അതെ ആദ്യം ഫലമാണോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്തുകൊണ്ട് ഹേതുഫലങ്ങൾ ഇല്ല തന്നെ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്തിനാ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു എന്നാണ് ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമാധാനവും ഇല്ലാതെ തന്നെ ഇരിക്കും അതുകൊണ്ട് ഈ ഹേതുഫല കൽപ്പന ഇത് അസംബന്ധമാണ് അങ്ങനെ ഒന്നല്ല എന്ന് മനസ്സിലാക്കണം जायते संभावेन नास्ति ശതം നൈ സഭാവേന ഹ്യജംസ്തർമാത जायन्दे तेन ते विद्यते ये अन्ये धर्मा ം സേപ്യാത്മനോ അന്യേധർ ജാൻ കെ ഇവം പ്രകാര സമ്മളതി നിർദ്ശയ സമ്പൃത്തിയായ വധ ധർമാ ഇത് എത്ര ബോധിപ്പിച്ചാലും തോന്നും അത് അനുഭവത്തിന് വിരുദ്ധമാണ് വീണ്ടും ചോദിക്കുന്നു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി അന്യമായ ധർമ്മ ജീവന്മാർ ഇവിടെ ഈ എന്ന് പറഞ്ഞാലങ്ങനെ സ്വീകരിക്കാൻ പറ്റും അനേക ജീവന്മാരെ കാണുന്നുണ്ടല്ലോ ഗുരു ഉപദേശിക്കുന്ന ശിഷ്യൻ ശ്രവിക്കുന്നു അവിടെ തന്നെ രണ്ടായിരുന്നു ഇപ്പൊ ഏകജീവനും നിങ്ങളെ പറയാൻ പറ്റും ഏക ജീവനാണെങ്കിൽ ആരും ഉപദേശിക്കുന്നവർ ശ്രമിക്കുന്നു അവിടെ എന്ത് മോക്ഷശാസ്ത്രം അതിനൊന്നും നിലയില്ലല്ലോ സർവം ജായുതയിൽ കല്പിതേ എന്നാണല്ലോ നമ്മൾ കരുതുന്നത് നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ അങ്ങനെയാണ് വ്യവഹാരം പക്ഷെ ഇതെന്താണോ ഇത് കേവലം സമൃദ്ധിയാണ് സംവൃത്യാ ജായന്തി സമൃദ്ധിയേവധർമ്മ ജായന്ദേ തരമാർത്ഥിക പറയുന്നു ആ ജനനത്തെ അംഗീകരിക്കും ജന്മസ്ഥലി ഭംഗങ്ങളെല്ലാം അംഗീകരിക്കാം പക്ഷെ അതിനോടുകൂടി സമൃദ്ധിയെക്കൂടെ ചേർക്കണം സമൃദ്ധി കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ വെറുതെ ജനപ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജന്മാദികളെ നിഷേധിച്ചിട്ടെന്താ ലാഭം അനുഭവത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ട് കാര്യമുണ്ട് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് എന്താണ് സമൃദ്ധി നുഭവം അനുഭവം തന്നെ അത് പക്ഷേ വാസ്തവമല്ല അവിടെ സമൃദ്ധി എന്നൊന്നിനൊക്കെ ചേർക്കുക വിദ്യ അതുകൊണ്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് ഒരു ജീവൻ തന്നെ വേറെ കാണുന്നു മറ്റ് ജീവന്മാരിൽ അതുകൊണ്ട് തന്നെ തന്നെ നന്യമായി മറ്റ് ജീവന്മാരെയും കാണുന്നു ദ്ഭവം നനങ്ങൾക്കൊള്ളുന്നു അനേക അനന്ത ജീവന്മാരുടെ അനുഭവം ഓരോ ജീവനും നിലനിൽക്കുന്നു േ എന്ന പരമാർത്ഥത അതൊന്നും പരമാർത്ഥത്തിൽ സംഭവിക്കുന്നല്ല എല്ലാ അനുഭവത്തിൽ നിൽക്കുന്നു കേവലമായ ഈ വിജ്ഞാനത്തിലാണ് അനന്തമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് അങ്ങനെ അനുഭവപ്പെടാമെങ്കിൽ ഈ വിജ്ഞാനത്തിൽ അനന്തമായ ജീവന്മാരെ അനുഭവപ്പെടാം അനന്തമായ പദാർത്ഥം കൊണ്ട് ജനന മരണങ്ങളെയെല്ലാം അനുഭവപ്പെടാം ൃത്തിയാ ജന്മ യേശാം ധർമാണ യഥോക്താനാം യഥാ മായയാ ജന്മ തഥാ തന് മായോപമം പ്രത്യേക്യം അതെങ്ങനെ പറയുന്നത് മായോപമം ഇന്ദ്രജാലസമമാണ് മായെന്ന് വെച്ചാൽ ഇന്ദ്രജാലം ഇന്ദ്രജാലമാണ് കാര്യകാരണ ബന്ധം കൂടാതെ തന്നെ അവിടെ കാര്യകാരണ ബന്ധത്തെ കാണിക്കുന്നു വാസ്തവത്തിന് അങ്ങനെ ഒരു ബന്ധമില്ല ഇല്ലെങ്കിലും കാണിക്കുന്നു അതാണ് ഇന്ദ്രജാലത്തിന്റെ പ്രത്യേകത അതുപോലെ കൊണ്ട് യഥാ മായ ഇന്ദ്രജാലം കൊണ്ടെന്നതുപോലെ മായ നാമ വസ്തു പറയുന്നു ഇത്രയും വലിയ ഒരു ദൃശ്യപ്രപഞ്ചത്തെ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കാൻ കഴിവുള്ള വിജ്ഞാനത്തിൽ അതൊന്നും ഇല്ലെന്നാ പറയുന്നു ആ മായ അതൊരു സ്വതന്ത്രമായ വസ്തുവാണോ ഞങ്ങൾ മായ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് പറയുന്നു മേവോ ഞങ്ങൾ മായി അംഗീകരിക്കുന്നുണ്ടോ സമൃദ്ധി അവിദ്യ ഈ പറയുന്ന ഒന്നിനും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പിന്നെ ഇതാണെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതോ അത് ശരിയാണ് ഇതുണ്ടാക്കുന്നതാണ് എന്താണോ ഇതിനെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത് അതില്ലാത്തതാണ് പറയും ഈ ദൃശ്യത്തെ ഈ അനുഭവത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ഒന്നും അതില്ലാത്തതാണ് ഇല്ലാത്തതിന് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ അതുകൊണ്ടാണല്ലോ ഇതുമില്ല എന്ന് പറയുന്നത് ഇല്ലാത്തതുണ്ടാക്കിയതെങ്ങനെ ഇരിക്കും അതും ഇല്ലാത്തതായിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് മായ എന്ന് പറയുന്ന ഒന്നും ഉണ്ട് അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ഒന്നുമുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട് വിജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ട് അതിനോടൊപ്പം ഒരു അവിദ്യ സമൃദ്ധിയുമായ അങ്ങനെ ഒന്നും കൂടെ ഉണ്ടെന്നല്ല അതിനുവേണ്ടിട്ടല്ല അവനെ ബോധിപ്പിക്കുന്നത് അവനെ ബോധിപ്പിക്കുന്ന എന്തുകൊണ്ടാ അവനെ ബോധിപ്പിക്കുന്നത് ബോധമാണ് ബോധം കൊണ്ട് ബോധിപ്പിച്ചാൽ എന്താ മനസ്സിലാകുന്നതിനെ സംബന്ധിച്ച് അത് ഇല്ലാത്തതാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുട്ടിനും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് വെളിച്ചങ്ങൾ വെളിച്ചം കൊണ്ട് ഇരുട്ടെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരിട്ടവിടെ നിൽക്കും ഇരുട്ടവിടെ കാണത്തില്ല വെളിച്ചമേ വേണം ഇവിടെ നമ്മൾ ബോധനം അതാണ് വെളിച്ചം മായയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ മായയെ നമ്മൾ ബോധിക്കാൻ ശ്രമിച്ചാൽ പിന്നെ മായ മായ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും പിന്നെ എന്താ ഇത് നിങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ഇരുട്ട് നഷ്ടപ്പെടുത്ത് നോക്കി നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയുന്നു വെളിച്ചത്തെ മാത്രം മറ്റെന്തെങ്കിലും ഇവിടെ കാണാൻ പറ്റൂ അപ്പോ പിന്നെ ഇരുട്ടായി കണ്ടത് അത് വെളിച്ചത്തിനും വേറിട്ടൊരു വസ്തുവായിരുന്നു അതെന്താ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ വേറെന്നായിരുന്നെങ്കിൽ അതിനെ വെളിച്ചത്തിനും കാണേണ്ടതായിരുന്നു വെളിച്ചത്തിൽ നിന്ന് അന്യമായ ഒരു വസ്തു ആണ് ഇരട്ടെങ്കിലും ആ വെളിച്ചത്തിൽ നിന്ന് കാണേണ്ടതാണ് എങ്ങനെ ഇത് വെളിച്ചം ഇതിരട്ട പക്ഷെ വെളിച്ചത്തിൽ അതിനെ കാണാൻ പറ്റത്തില്ല അറിയാം വെളിച്ചത്തിന്റെ അപ്പുറത്തുണ്ടല്ലോ പക്ഷെ അവിടെ വെളിച്ചമില്ലല്ലോ വെളിച്ചത്തിൽ അതിനെ കാണാൻ കഴിഞ്ഞില്ല അതുപോലെയാണ് മായയുടെ കഥയും അവിദ്യയുടെ കഥയും അവിദ്യയെ ബോധിപ്പിക്കുന്നു പക്ഷേ ആ ബോധനത്തിൽ അവിദ്യക്ക് നിക്കാനൊക്കെ നിന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് ആ വിദ്യയെ തിരിച്ചറിഞ്ഞ ബോധം ഇത് അവിദ്യ അങ്ങനെ പറയാൻ കഴിയുന്ന എന്തുകൊണ്ട് അവിദ്യയെ തിരിച്ചറിയുന്ന ബോധത്തിൽ അവിദ്യ നശിച്ചു പിന്നെന്താ ആ ബോധം മാത്രം അവിടെ അവിദ്യയെ വീട്തിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറയുന്ന എന്താണ് ആ ബോധത്തിൽ നിന്നും അന്യമായി അവിദ്യയില്ല മായെന്നോന്യത് മായി ആ മായാവിയിൽ നിന്നും അന്യമായി മായിയില്ല അതുകൊണ്ട് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഈ മായ അവിദ്യ അത് എന്നല്ല നമ്മളെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് സാധാരണ അദ്വൈദിയുടെ നേരെ ആക്ഷേപമായിട്ട് പറയും മായാവാദി അപ്പോ അദ്വൈതി അത് പറയുന്ന ഘട്ടത്തൊന്നും അദ്വൈതി മായെ അംഗീകരിക്കുന്ന ആളാണ് അദ്വൈതി മായെ അംഗീകരിക്കുന്ന ആളല്ല അദ്വൈതത്തിൽ മായെ അംഗീകരിച്ചാൽ പിന്നെ അദ്വൈതമായി എന്തുകൊണ്ട് അദ്വൈതവും മായി രണ്ടുപേരും അദ്വൈതിമായി അംഗീകരിക്കുന്ന ആളല്ല വിദ്യ അംഗീകരിക്കുന്ന ആളെല്ലാം മറിച്ച് പാടെ നിഷേധിക്കുന്ന ആളാണ് അപ്പോൾ ഇത് ഒരിക്കലുണ്ടെന്ന് പറയുന്നു പിന്നെ ഒരിക്കൽ ഇല്ലെന്ന് പറയുന്നു ലേതാശരി പ്രപഞ്ചം നമുക്കുണ്ടെന്ന് അനുഭവപ്പെടുന്നു ഇല്ലെന്നും അനുഭവപ്പെടുന്നു ഇതിലേതാ ശരി ഉണ്ടെന്ന് അനുഭവപ്പെടുന്ന ഇവിടെ ജാഗ്രത സ്വപ്നങ്ങൾ അതില്ലാതാകുന്ന ഇവിടെ സുഷൃത്തി ഇതിന് ഏതാ ശരി നമ്മൾ ശരിയെന്ന് ജാഗ്രത സ്വപ്നവുമാണോ ശരി അതേ സുഷുതി അപ്പോ ജാഗ്രതത്തിലും സ്വപ്നത്തിനും സുഷൃപ്തിയിലും ഒരു ശരിയോ മറ്റുള്ളതൊക്കെ ബാക്കിയുള്ള എല്ലാത്തിനും ചേർത്ത് പറയുന്ന പേരാണ് ഇല്ലാത്തത് അവിദ്യ മായ അതുകൊണ്ടാണ് മായക്ക് അങ്ങനെ വരുന്നത് വേദന പറയുന്നത് അതില്ലാത്തതാണ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് എന്തുകൊണ്ട് അതിനെ ഈ ബോധത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ബോധം കൊണ്ട് അതിനെ കഴിയുന്നു ബോധത്തിൽ അത് പ്രകാശിക്കുന്നില്ല അതാണ് അവന് ആർക്കായി മായ ഉള്ളത് ആർക്കായി ഇട്ടുള്ളത് വെളിച്ചമില്ലാത്തത് അപ്പോൾ അദ്വൈതിയല്ല മായാവാദി അവനാണ് ഈ മായ ഉള്ളത് അവന് വെളിച്ചമില്ല അദ്വൈതപ്രകാശം അതുകൊണ്ട് അവനെ സംബന്ധിച്ച് മായ അതുകൊണ്ട് മായാവാദി എന്ന് പറയുന്ന ആര് അദ്വൈതയല്ല അദ്വൈതിയാണ് അവനുമായി ആശ്രയിക്കേണ്ടി എന്നാ പേര് പറയത്തില്ല അവിദ്യ എന്നുള്ള പേര് പറയത്തില്ല പറയും എന്താണ് അത് ശക്തിയാണെന്നോ മറ്റെന്തെങ്കിലും പേരിൽ പറയും ഫലമൊന്നും തന്നെ രണ്ടാമതൊന്നിനെ കൂടി അംഗീകരിക്കേണ്ടിയുമില്ല പരമാർത്ഥ തത്വത്തിൽ നിന്നും അന്യമായ ഒന്നിനെ കൂടി ആശ്രയിക്കേണ്ടിയുമില്ല അതിവിടെ അദ്വൈതത്തിൽ സ്വീകരിക്കുന്നു അവിടെ പറയുന്നത് എന്താണത് അനന്യമാണ് മായയിൽ നിന്നും അന്യമല്ല അതിനെ അതിൻ്റെ അസ്തിത്വത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല സമർത്ഥിക്കുന്നില്ല അതാണ് മായ എന്ന വിദ്യതേ എന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ എന്നെ മായ പിടികൂടിയിരിക്കുന്നു എനിക്കൽ നിന്ന് മോചനം നേടണം മായയിൽ നിന്നുള്ള മോചനമാണ് മുക്തി എന്നല്ല നമ്മൾ പറയാറുണ്ടല്ലോ അത് ഇല്ലാത്ത മായ ഉണ്ടെന്ന് കൽപ്പിച്ചിട്ട് പറയുന്നതാണ് കല്പന കൊണ്ട് പറയുന്ന ഉള്ള മായല്ല ഈ കൽപ്പനകളൊക്കെ സൃഷ്ടിക്കുന്നു പരമാർത്ഥത്തിൽ ഇല്ലാത്ത എന്നാലും അത് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നുണ്ടല്ലോ അധീനനാണ് ഈശ്വരന് മായ മുക്തനാണ് എന്നൊക്കെ ശാസ്ത്രത്തിൽ പോലും പറയും അതുകൊണ്ട് ഇല്ലാത്ത ഒന്നിൽ സത്യ ആരോപിക്കുന്നു തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ സത്ത് ഇല്ലാത്ത ഒന്നിൽ ആരോപിക്കുന്നു ഇല്ലാത്ത സർപ്പത്തെ ആരോപിച്ചതുപോലെ ഇല്ലാത്ത മനുമരീചിക ആരോപിച്ചതുപോലെ അപ്പം ആരോപിക്കുക എന്ന് പറയുന്നത് ഈ ോധത്തിന്റെ ഒരു സവിശേഷതയാണ് അതുകൊണ്ട് മായയും ഉള്ളതായിട്ട് ആരോപിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ എന്താണോ മായയെത്തി അവിദ്യമാനസ് ആഖ്യത്യഭിപ്രായ അതുകൊണ്ട് മായ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കണം അത് ഇല്ലാത്മയുടെ പേരാണ് ആ പറയുന്നത് ഉമ്മയുടെ പേരല്ല ഉണ്മയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് ഇല്ലായ്മയെ പറയുന്നു എന്താണത് മായ എന്ന് പറയുന്നു ഇല്ലാമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശൂന്യമായിട്ടാണ് ശൂന്യതൊന്നും സംഭവിക്കുന്നല്ലോ ഇല്ലായ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ സിക്ഷിക്കാൻ കഴിയും ഇവിടെ പറയുന്ന എന്താണ് പ്രപഞ്ചം എല്ലാമായ കാര്യമെന്ന് പറയുന്നു ഇല്ലായ്മയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ പറഞ്ഞെന്താണോ ഇല്ലായ്മ സൃഷ്ടിച്ചതും ഇല്ലായ്മയെ തന്നെ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അപ്പൊ അജാതിയിലെത്തിച്ച് അതിനെന്താ അജാതി അത് അവിജ്ഞാനമാണ് കേവല വിജ്ഞാനത്തിന് മാത്രമേ ഉണ്മയുള്ളൂ എന്ന് ആ വിജ്ഞാനത്തിലെത്തിച്ചേര് നമ്മുടെ മനനത്തെ വിജ്ഞാനത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശാസ്ത്രത്തിൽ മായയെ അവതരിപ്പിച്ചിട്ട് ആ മായയെ തന്നെ നിഷേധിപ്പിക്കും അതിന് അധ്യാരോപ അപവാദ തന്ത്രം എന്നു അപവാദിക്കണമെങ്കിൽ അധ്യാരോപം നടത്തണം ഒന്നിനെ ഇല്ല എന്ന് പറയണമെങ്കിൽ ആദ്യം അതിനെ അംഗീകരിച്ചേ പറ്റും അംഗീകരിച്ച പിന്നെ എന്തിനെ ഇല്ല എന്ന് പറയും നിഷേധത്തിൻ്റെ നിഷേധനത്തിനൊരു വിഷയമെന്നുള്ള നിലയ്ക്ക് മാത്രം താത്കാലികമായി മായയെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് വ്യാവഹാരികമായി മായയെ അംഗീകരിച്ചുകൊണ്ട് പാരമാർത്ഥികമായി മായ നിഷേധിക്കുന്നു അതാണ് അദ്വൈതം വ്യാവഹാരികമായി നിഷേധിക്കുന്നുമില്ല പാരമാർത്ഥികമായി അംഗീകരിക്കുന്നുമില്ല ഏതിനെ മായേ അതാണ് അദ്വൈതം എന്ന് പറയുന്നത് ആ രണ്ടു ഭാഗം മനസ്സിലായാൽ അദ്വൈത താല്പര്യം പിടികുണ്ട് അതാണ് ഇവിടെയും പറയുന്നത് സാജമായ നവിദ്യ അങ്ങനെ ഒന്നുമില്ല വേറെ ചോദി ബ്രഹ്മസത്യം ജഗന് വിദ്യ എന്ന് പറയും ബ്രഹ്മ സത്യമാണെന്നുള്ള നമുക്ക് സംശയം പക്ഷേ നിങ്ങൾ മിഥ്യാ മിഥ്യ എന്ന് പറയുന്നത് എന്താ അതുള്ളതാണോ ഇല്ലാത്തതാണോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗന് മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമാണ് ഉണ്ടെന്ന് പറഞ്ഞാലോ ബ്രഹ്മസത്യം ഒന്നും ജഗൻ മിഥ്യ രണ്ടാമത്തെ രണ്ടെണ്ണമാണ് അദ്വൈതഹാനി അദ്വൈത സിദ്ധിയിലും മറ്റും ചർച്ച ഒരു കാര്യമാണ് ഇതെങ്ങനെ ശരിയാകും അതിൻ്റെ സമാധാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഹജമായ നവിദ്യതേ പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല ം തോധർമാന്മ ഇത്ത അതുകൊണ്ട് ഇവയുടെ എല്ലാം ഇതാണ് ഈ വിജ്ഞത്തിൽ നിന്നും വ്യതിരിക്തമായി കാണുന്ന സർവധർമ്മങ്ങൾ ഓരോ ജീവന്മാരും അതായത് പ്രപഞ്ചഭേദം അത് നമുക്കേതെങ്കിലും തരത്തിൽ ആ ഭേദബോധത്തെ നിരാകരിക്കണം എന്നാ ഒന്ന് തന്നെ എങ്ങനെ ഒരു മണ്ണിൽ നിന്ന് പല വസ്തുക്കളുണ്ടാക്കി അത് മണ്ണ് തന്നെ ആ ഭേദം നിശ്ച ആ തരത്തിലാ യുക്തി കൊണ്ട് നമുക്ക് ആ ഭേദത്തെ നിഷേധിക്കാൻ പറ്റും പക്ഷേ ജീവഭേദത്തെ എങ്ങനെ നിഷേധിക്കും ഒരു ജീവൻ മറ്റൊരു ജീവനിൽ നിന്നുണ്ടാകുന്നതായി നമ്മൾ കാണുന്നില്ല ഭൗതിക വസ്തുക്കൾ അങ്ങനെയല്ല ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നു ശരീരം അങ്ങനെയല്ല ഒരു ശരീരം മറ്റൊരു ശരീരത്തിന് ജന്മം കൊടുക്കുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവഭാവത്തിലിരിക്കുന്ന ചൈതന്യം അതെങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്ന ജഡം ഒരു ജഡ് മറ്റൊരു ജഡത്തിന് കാരണം ഒന്നേ കാണുന്നു അതുകൊണ്ട് ഭൗതികമായ ഭേദത്തെ യുക്തികൾ കൊണ്ട് നിഷേധിച്ചാലും ആത്മഭേദത്തെ ഗ്രഹിക്കുന്ന കാര്യം വളരെ പ്രയാസമാണ് നമ്മുടെ അനുഭവം തന്നെ ആ ഭേദത്തെ ആശ്രിച്ചാണ് നിൽക്കുന്നത് എങ്ങനെ ഞാൻ നീ ഈ അനുഭവം അപ്പം ഞാനെന്ന് എന്ന ജീവനെക്കുറിച്ച് ഞാൻ പറയും നീ എന്ന് അന്യജീവനെക്കുറിച്ച് പറയും ഇതിന്റെ അഭേദം വരണമെങ്കിൽ എന്ത് വേണം ഒന്നുകിൽ ഞാൻ എല്ലാത്തിനെയും ഞാൻ എന്നറിയണം നീ ഞാൻ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല ജാഗ്രത്തിനും സ്വപ്നത്തിനും ഉണ്ടാകുന്നില്ല മറിച്ചല്ലെങ്കിൽ എന്തുണ്ടാവണം നീ എന്നറിയണം എന്നെ നീ എന്നറിയണം അതും സാധിക്കുന്നുണ്ട് അപ്പൊ ജീവഭേദത്തെ അങ്ങനെ യുക്തി കൊണ്ട് നിഷേധിക്കാൻ കഴിയത്തില്ല അത് നിലനിൽക്കുന്നു മറ്റേതെല്ലാം ഭേദത്തെ നിഷേധിച്ചാൽ എന്തുകൊണ്ടതങ്ങനെ ശക്തമായി ഭേദം നിലനിൽക്കുന്നു ഞാൻ നീ എന്നുള്ള ഈ ഭേദത്തെ എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല പറയുന്നു അതിനെ പരിഹരിക്കുന്നുണ്ട് ഒരേ ഒരു വഴി എന്താണ് മായോപമം അതിന് ഇന്ദ്രജാല സമമായി കാണുക ഇന്ദ്രജാലത്തിൽ അയുക്തികമായ നിരക്കാത്തത് അനുഭവത്തിന് നിരക്കാത്തത് അയാൾ എന്ത് സംഭവിക്കാം അതങ്ങനെ സംഭവിക്കാം അപ്പൊ ഞാനും നീയും വാസ്തവത്തിൽ അഭേദമായിരുന്നിട്ടും ഭേദഭാവന ശക്തമായി തന്നെ നിലനിൽക്കും വാസ്തവത്തിൽ അഭേദമാണ് എങ്ങനെ അഭേദമാകുന്നു ഭേകമായ ചൈതന്യം എന്നുള്ള നിലയ്ക്ക് അതെങ്ങനെ അറിയാം ഞാൻ പറയുന്നു ഞാനെന്ന് ഞാനെന്ന് എന്തിനു ഞാൻ പറയുന്നു ചൈതന്യത്തെ നീം എന്ന് പറയുന്നു നീ എന്നല്ല പറയുന്നു ഞാൻ എന്ന് പറയുന്നു ഞാനെന്ന് എങ്ങനെയാണോ ചൈതന്യത്തെ ഞാനെന്ന് സാക്ഷാത്കരിക്കുന്നത് അതുപോലെ നീയും അന്യനും ഓരോരുത്തരും എന്തു ചെയ്യുന്നു ആ ചൈതന്യത്തെ ഞാൻ ഞാനെന്ന് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു അതിലൂടെ മനസ്സിലാകാതാണ് ചൈതന്യത്തിന്റെ ഏകത ചൈതന്യം പരസ്പര ഭിന്നങ്ങളായിരുന്നെങ്കിൽ ഞാൻ ഞാനെന്ന് ഗ്രഹിക്കുന്നു അന്യൻ മറ്റൊരു തരത്തിൽ ഗ്രഹിച്ചാൽ മറ്റേതെങ്കിലും ഒരു ഭാവത്തിലൂടെ ചൈതന്യത്തെ ഗ്രഹിച്ചാൽ അങ്ങനെ ആർക്കും ഗ്രഹിക്കുന്നു ചൈതന്യത്തിന്റെ പ്രതീതി ഏകാകാരമാണ് ഒരേ രൂപത്തിലാണ് അത് തെളിവാണെന്തിനാ ഈ ചൈതന്യത്തിന്റെ ഏകത്വത്തിന് അത് മാത്രം മതി ചൈതന്യം ഏകമാണെന്ന് തെളിയിക്കുന്നത് അങ്ങനെ ഏകമായിരുന്നിട്ടും ഏകമാണെന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെട്ടിട്ട് സ്വ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ട് ഒരുവനെങ്ങനെയാണോ ആ ചൈതന്യത്തിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുന്നത് അതുപോലെ ഓരോ ജീവനും ബോധിക്കുക എന്താണോ നമ്മൾ ഓരോരുത്തരും ഞാൻ ഞാനെന്ന് ഒന്നിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു വസ്തുവിനെ ഞാൻ അറിയുന്ന പുസ്തകമാണ് ഇതിനെ കാണുന്ന സർവരുമാന പുസ്തകമെന്ന് അറിയുന്നു സർവരുടെ അനുഭവവും ഏകരൂപത്തിലായത് കൊണ്ട് സർവരുടെ അനുഭവത്തിനും വിഷയമായിരിക്കുന്ന വസ്തു ഒന്ന് തന്നെ പലതന്നെ അനുഭവം ഏകരൂപത്തിലായ വസ്തു ഏകമാണ് സർവരുടെയും അനുഭവത്തിനും വിഷയമായിരിക്കുന്ന ആ ചൈതന്യം അഹം അഹമെന്ന് ഏകരൂപത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ ചൈതന്യം ഒന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് തന്നെയാണെന്ന് യാതൊരു സംശയമില്ലാതെ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ നീ എന്ന് ഭേദബുദ്ധിയിൽ അറിയുന്നു സർവത്തെയും ഞാനെന്നറിയാൻ കഴിയുന്നില്ല ഗുരുവനും ഇതിനെന്താ സമാധാനം പറയുന്നു സമാധാനമുള്ള എന്താണോ മായുപമം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മാണ് ജീവന്മാർ ധർമ്മം എന്ന് പറയുന്നത് ജീവനെന്നും പറയാം വസ്തുക്കൾക്കും പറയാം ഇവ ഈ ഒരു ഭേദം അത് മായോപമമാണ് മായാ തുല്യമാണ് മായാ തുല്യം പറഞ്ഞാൽ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലത്തിന് തുല്യമാണ് തുല്യം എന്ന് ഒരു ഇന്ദ്രജാലം തന്നെ എല്ലാവരും ായി ഒരു വസ്തുവിനെ അറിഞ്ഞിട്ട് വീണ്ടും ഭേദബോധം നിലനിൽക്കുന്നു ഞാൻ വേറെ നീ വേറെ ഇതിന് ഇന്ദ്രജാലം ഒന്നല്ലാതെ എന്ത് പറയാനാണ് അതുകൊണ്ട് പറയുന്നു മായോപമം യഥാ മായാമയ ദ്രിഗ് ബീജ ജായി തന്മയോ മായാമയോ അങ്കുര ഇന്ദ്രജാലക്കാരൻ സ്റ്റേജിലേക്ക് വന്നു അവിടെ ഒരു മാങ്ങി അവിടെ ഇട്ടു നിമിഷം കൊണ്ടത് വളർന്ന് അതിൽ അതൊരു മരമായി ഇലയും പൂവും കായുമെല്ലാം ഉണ്ടായി വളരെ സമർത്ഥനായ ഒരു ഇന്ദ്രജാലക്കാരൻ ആ മാവിൽ നിന്ന് മാങ്ങ വരച്ച് കാഴ്ചക്കാർക്ക് കൊടുക്കുകയും ചെയ്യും ഇന്ദ്രജാലത്തിൽ അത് അസംഭവമായ കാര്യമല്ല ഇന്നൊരുപക്ഷെ കണ്ടേക്കും അങ്ങനെയുള്ള ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നവർ ഇന്ദ്രജാലത്തിൽ സാധ്യമാണ് ഇനി ഇന്ദ്രജാലത്തിൽ അത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന പല സിദ്ധന്മാരുമ സിദ്ധന്മാർക്ക് സാധ്യമാണ് ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്നതുപോലെ അവർക്കും ഒരു ബീജത്തിൽ നിന്ന് ഒരു വൃക്ഷത്തെ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഫലത്തെ സൃഷ്ടിക്കാൻ ഉണ്ടാകാൻ കഴിയും അതെങ്ങനെ സംഭവിക്കുന്നു അതിന് പറയുന്ന പേരാണ് ഇന്ദ്രജാലം അപ്പോൾ തികച്ചും അസംഭാവികമായ കാര്യങ്ങൾ സംഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ കാണിക്കുന്നു അനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കാരണം ഒരു ബീജം ഒരു വൃക്ഷമായി ിക്കുന്നതിന് തീർച്ചയായും കാലദേശങ്ങളെ അപേക്ഷിച്ചേ പറ്റൂ നിശ്ചിതമായ ദേശത്ത് പര്യാപ്തമായ കാലം കൊണ്ട് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ ഇത് കാലദേശങ്ങളൊന്നും അപേക്ഷിക്കാതെ ക്ഷണികമായി സംഭവിക്കുന്നെങ്കിൽ എന്താണത് നമ്മുടെ സാധാരണ അനുഭവത്തിന് വിരുദ്ധമായ കാര്യം പക്ഷെ കാഴ്ചയെ നിഷേധിക്കാനും അവിടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് കാരണമായിരിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഇന്ദ്രജാലം നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം പേര് വരാൻ കാരണം മായ ആയിരിക്കുന്ന ഇന്ദ്രനിൽ നിന്നാണ് ആ വിദ്യ ഉണ്ടായത് അതുകൊണ്ട് അതിന് ഇന്ദ്രജാലം എന്നു പേരും മറ്റുള്ളവരെ ബുദ്ധിയാക്കുന്ന വിദ്യ എന്നാണ് ജാലം എന്ന് പറഞ്ഞ കാഴ്ചക്കാരനെ ബുദ്ധിയാക്കും അതിന് സമമാണ് ഇവിടെ അനുഭവപ്പെടുന്ന ഈ ധർമ്മഭേദം ജീവഭേദം വ്യക്തമായി സർവരും ബോധിച്ചിട്ട് ഞാനൊന്നും ബോധിക്കാത്ത ആരുമില്ല സർവരും ഈ ആത്മാവിൻ്റെ ഏകത്വത്തെ ബോധിച്ചിട്ടും ഞാൻ വേറെ നീൻ വേറെ എന്ന് തന്നെ കരുതേണ്ടി വരുന്നു കരുതാൻ നിർബന്ധിതനായിരിക്കുന്നു അപ്പം അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് വിളിക്കും മായ എന്നാണ് അപ്പോൾ ആ മായയിൽ സംഭവിക്കുന്ന അത് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം അതിൻ്റെ ജാതകം കുറിച്ചിട്ട് വല്ല കാര്യവും ഒന്നുമില്ല മായാമയോ അങ്കുരോ നാസോ അങ്കുരോ നിത്യോ നവസ്ഥേരി വിനാശി വ കുറിച്ച് എന്താ പറയുന്നത് അത് അങ്കരജാലക്കാരനട്ട ആ മാവ് അതിന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ പിന്നെ എന്നാ ഗുണദോഷങ്ങളോടുകൂടി ജനിച്ചു വളർന്നു ഇന്ന സമയത്ത് അത് നശിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമാണ് എന്തെങ്കിലും ആ കല്പനകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരാൾ നമ്മൾ കരുതുന്നു അയാൾ ജനിക്കുന്നു എന്നിട്ട് അവിടെ നിശ്ചയിക്കുന്നെന്താണ് ഇന്ന മുഹൂർത്തത്തിൽ ശുഭമുഹൂർത്തത്തിൽ അതിന് എന്തെല്ലാം കൽപ്പിക്കുന്നു മുഹൂർത്തത്തെ കൽപ്പിക്കുന്നു തിഥിയെ കൽപ്പിക്കുന്നു ദിവസത്തെ കൽപ്പിക്കുന്നു പക്ഷത്തെ കൽപ്പിക്കുന്നു മാസത്തെ കൽപ്പിക്കുന്നു ആയനങ്ങളെ കൽപ്പിക്കുന്നു ഋതുക്കളെ കൽപ്പിക്കുന്നു വർഷത്തെ കൽപ്പിക്കുന്നു എന്തെല്ലാം കൽപ്പനകൾ അവിടെ സംഭവിക്കുന്നു ഇതെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മളതിൻ്റെ ജാതകം ഉണ്ടാക്കണം നമ്മുടെ ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് മരണം ഇങ്ങനെയാണ് ഇതെല്ലാം പ്രവചിക്കും ഇതെല്ലാം എന്താണോ അസംബന്ധമാണോ അപ്പൊ ഇന്നെന്തുകൊണ്ട് നാസു വങ്കുലോ നിത്യോ ഉച്ചേരി വിനയച്ചോ അത് ജനിക്കുന്നില്ല നിലനിൽക്കുന്നില്ല എന്തിനു നശിക്കുന്നതുമല്ല ഇതൊന്നും ഇതിനെ സംബന്ധിച്ച് പറയുന്ന വ്യവഹാരങ്ങളൊന്നും പരമാർത്ഥമല്ല എന്നാലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും പരമാർത്ഥമല്ല എന്നറിഞ്ഞാലും ഗൂഢപാധാര്യല്ല ഈ ഗൂഢപാധാര്യൻ്റെ ആചാര്യൻ പറഞ്ഞാൽ ശരി നമ്മൾ പോയി ജോത്സ്യനെ കണ്ടേ സമാനം പറ്റത്തില്ല ഉറങ്ങാൻ പറ്റത്തുള്ളൂ ഇത് കേട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല ജ്യോത്സ്യം പറയണം പേടിക്കണ്ട എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാലും നമുക്ക് ഉറങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ ഗൃഹാവേശവും മറ്റും പിടി പിടികൂടിക്കൊണ്ടിരിക്കും ജോത്സ്യം പറഞ്ഞാൽ തീർന്നോ ഇനി കുഴപ്പമൊന്നും ഉണ്ട് ധൈര്യമായിട്ട് ഉറങ്ങണം അങ്ങനെ ഉറക്കാൻ പറ്റത്തില്ല അതാണ് ഇതിനെ മായ എന്ന് വിളിക്കുന്നത് ഇത് സത്യവും അല്ല എന്ന് ബോധ്യപ്പെട്ടാലും വീണ്ടും ഇതിനെ സത്യവുമായി ഗ്രഹിച്ചുകൊണ്ട് അസത്യത്തിന്റെ പിന്നാലെ അതാണ് മായ എന്ന് പറയുന്നത് അതിനുള്ള മരുന്നാണിത് പക്ഷെ ഇതും പലപ്പോഴും ഫലിക്കാറില്ല ഒരേ മരുന്ന് പല രോഗികളിൽ പലതരത്തിലാ പ്രവർത്തിക്കും ചിലരത് ഫലിക്കും ചിലരത് ഫലിക്കത്തില്ല അതെന്താണോ ഇതിന്റെ ജന്മാദികളെ കുറിച്ച് ചിന്തിക്കുക ഭൂതഭാവികളെ കുറിച്ചൊക്കെ ചിന്തിക്കുക അതൊക്കെ അസംബന്ധമാണോ എന്നുണ്ട് അഭൂതത്വ പരമാർത്ഥത്തിനും ജന്മാദികളൊന്നും സംഭവിക്കുന്നില്ല ഇത് ബോധ്യപ്പെട്ടവൻ പരമാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടവൻ ഉറക്കം കിട്ടാൻ വേണ്ടി ജോത്സ്യന്റെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നുണ്ട് അതിന്റെ ആവശ്യമേ പോകുന്നവൻ അറിയുന്നില്ല എന്താണോ വാസ്തവത്തിൽ ഈ ജോത്സ്യന് ഉറക്കമില്ല എന്നു പറഞ്ഞു അതറിയത്തില്ല ജോത്സ്യം നേരെ ഉറങ്ങിയിട്ട് എത്രയോ കാലമായി പക്ഷേ ജോൾസിന് മറ്റുള്ളവരെ ഉറക്കാൻ കഴിയും എന്തുകൊണ്ട് ജോൾസിനറിയാം ഇവനും എന്നെപ്പോലെ ഒരു വിഡ്ഢിയാണ് എന്ന് ജോഡ്സിനറിയാം അതുകൊണ്ട് നിങ്ങൾ ആരും കരുതല് ഞാൻ ജോൽസ്യന്മാരെ അധിക്ഷേപിക്കുകയാണ് മാണ്ഡുക്യത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ എനിക്ക് ജ്യോത്സ്യന്മാരോടൊക്കെ വലിയ ബഹുമാനമുള്ള ആളാണ് തിരിച്ച് ധരിക്കരുത് അഭൂതത്വ അത പരമാർത്ഥമല്ല പരമാർത്ഥമല്ല എന്നറിഞ്ഞാൽ ആ അറിവിനുസരിച്ച് നീങ്ങിയാൽ മതി പരമാർത്ഥമാണെന്ന് കരുതുന്നവൻ നീങ്ങുന്നതുപോലെ പിന്നെ നീങ്ങേണ്ട ആവശ്യവും ഇല്ല അഭൂതത്വ തദ്വദൈവധർമ്മ ജന്മനാശാദി യോജനായുക്തി അതുപോലെയാണ് നിങ്ങളിവിടെ ഇതിനുള്ള ഓരോ യുക്തി കൊണ്ട് അല്ലേ നമ്മളെല്ലാത്തിനും യുക്തി കണ്ടുപിടിക്കും ജ്യോത്സ്യത്തിനും ജ്യോത്സ്യത്തിനും നമ്മൾ യുക്തി കണ്ടുപിടിക്കും പക്ഷെ അതിനു മുമ്പ് എന്ന സത്യമാണെന്ന് കരുതിയിട്ടാണ് സത്യമാണെന്ന് കരുതി നമ്മൾ യുക്തികൾ കണ്ടുപിടിക്കുന്നു ജന്മാദികൾക്ക് നമ്മൾ സത്യത്തെ അറിയുന്നതിന് വേണ്ടി നമ്മൾ യുക്തി ഉപയോഗിക്കുന്നു പക്ഷെ യുക്തിക്കുള്ള പോരായ്മ എന്താണോ അത് അസത്യത്തെ നിലനിൽക്കുന്ന ഒന്നാണ് അസത്യത്തിൽ നിലനിൽക്കുന്ന യുക്തി ഉപയോഗിച്ചിട്ട് സത്യത്തെ അറിയാൻ ശ്രമിക്കും അത് ഒരു പോരായ്മ അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തദ്വദേവ അതുപോലെ തന്നെയാണ് ധർമ്മേഷ് ജന്മനാശാദി യോജന യുക്തി ഇതിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ യുക്തികളും അതുകൊണ്ടാണ് നമ്മൾ ഈ യുക്തിയെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ഇതിനെ ബോധ്യപ്പെട്ടാശ്രമിച്ചാലും ബോധ്യപ്പെടാതിരിക്കുന്നു കാരണം നമ്മുടെ യുക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിലൂടെ ഇത് ബോധ്യപ്പെടേണ്ടതല്ല യുക്തി അവസാനിക്കുന്നുള്ളതാണ് അനുഭവം അല്ലെങ്കിൽ അനുഭവത്തിൽ പിന്നെ യുക്തിക്ക് യാതൊരു സ്ഥാനമുണ്ട് ഏത് കാര്യത്തിലായാലും എൻ്റെ മുമ്പിലിരിക്കുന്നത് പുസ്തകമാണെന്നുള്ള എൻ്റെ അനുഭവമാണെങ്കിലും ഇത് കൊസ്തകമാണെന്നുള്ളതിന് മറ്റൊരു യുക്തിയുടെ ആവശ്യമില്ല ഏതെങ്കിലും ഒരു യുക്തിയിലൂടെ ഇതിനെ സമർപ്പിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതെന്റെ അനുഭവത്തിലല്ല ഞാൻ വേറെ ദൂരെ ഒരു സ്ഥലത്തിരിക്ക എൻ്റെ അനുഭവത്തിൽ പുസ്തകമില്ല അപ്പോൾ എനിക്കത് മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു അതിൽ മറ്റൊരാളെന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ അത് പുസ്തകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല വ്യക്തികളും പറയേണ്ടി വരും പുസ്തകമായതുകൊണ്ടാണ് അത് നോക്കി വായിച്ചത് അതിലക്ഷരങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് വായിക്കാൻ കഴിഞ്ഞത് എന്നിങ്ങനെ പല വ്യക്തികളും പറഞ്ഞിട്ട് അത് പുസ്തകമാണെന്ന് സംവർത്തിക്കേണ്ടി വരും പക്ഷെ ഇതിൻ്റെ അനുഭവത്തിൽ വ്യക്തികൾ അവസാനിക്കുന്നു അതുകൊണ്ട് പറയുന്നു ജന്മനാശാദി സമർത്ഥനത്തിന് വേണ്ടിയിട്ടുള്ള ഈ യുക്തികൾ അതെല്ലാം വ്യത്ഥമാണ് അപ്പോ അതാണ് ഇവിടെ വെറുതെ ഏറ്റവും വലിയൊരു വ്യത്യാസം അദ്വൈതി സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് പറയും ഇത് പരമാർത്ഥമല്ല കേൾക്കുന്നവൻ അവന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് അവനെന്ത് താങ്കൾ പറയുന്നത് പരമാർത്ഥമല്ല ഇതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം ഗുരുവും ശിഷ്യനും നമ്മുടെ വ്യത്യാസം അത് അതിൽ ഉള്ള വ്യത്യാസത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മ ജന്മനാശവും വിജയത്തെ അതുകൊണ്ട് ജന്മനാശങ്ങൾ യുക്തി അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നിവിടെ ആചാര്യം പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ് ആ പരമാർത്ഥത്തിൽ നിങ്ങളുടെ യുക്തികൾ പ്രവർത്തിക്കുന്നില്ല എന്റെ അനുഭവം യുക്തിയോട്ട് ആശ്രയിക്കുന്നുമില്ല എന്നാലും ഈ മനനം യുക്തിയെ അപേക്ഷിക്കുന്നു എന്തുകൊണ്ട് അപേക്ഷിക്കുന്നു ഇവരിങ്ങനെ രണ്ട് തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമാകത്തുന്നു ആചാര്യൻ സ്വന്തം അനുഭവത്തിൻ്റെ തരത്തിൽ നീക്കുന്നു ശ്രോതാവ് സ്വന്തം യുക്തിയുടെ തരത്തിൽ രണ്ടുപേരെങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതെവിടെയാ കൂട്ടിമുട്ടുന്നു രണ്ടുപേരും രണ്ടു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആചാര്യന് ഈ അനുഭവത്തെ ശിഷ്യനെ ബോധ്യപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ ശിഷ്യനെങ്ങനെ ആചാര്യന്റെ അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും രണ്ടും അസാധ്യമായി അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ ഒരു പരിധി വരെ യോജിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഒന്നു വേണം ഒരു പാലം വേണം ഒരു അതിനെ ഏകദേശം പൂർണ്ണമായും യോജിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന നിലയിൽ നിന്ന് ഒരടി മുമ്പോട്ട് കണ്ടാക്കാൻ ആചാര്യന് താൻ നിൽക്കുന്ന ആ നിലയിൽ നിന്ന് ഒരടി താഴോട്ട് വരാൻ ശിഷ്യന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി അതിനുവേണ്ടിയാണ് എനിക്ക് ഉപയോഗിക്കുന്നത് അത് പൂർണമല്ല അതാണ് ഇവിടെ പറയുന്നത് അയുക്തി അവിടെ പരമാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല പരസ്പരം ഒന്ന് അടുക്കാൻ സഹായിക്കും യുക്തിയിലൂടെ പക്ഷെ അത് ഇതിന്റെ ആത്യന്തികമായൊരു മരുന്നല്ല ആചാര്യന് സ്വന്തം നിലയിൽ നിൽക്കണമെങ്കിൽ അയുക്തിയെ കപ്പുറം തന്നെ നിൽക്കണം ശിഷ്യന് തന്റെ നിലയിൽ നിന്ന് സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഈ യുക്തി ഉപേക്ഷിച്ച് തരാം എന്നാലും അവിടെ പരസ്പരം അടുക്കുന്നതിന് വേണ്ടി യുക്തിയെ ഉപയോഗിക്കുന്ന അതുകൊണ്ടാണ് മനൻ തന്നെ പ്രസക്തി വരുന്നത് കാരണം മനനത്തിന് മുഖ്യമായി ആശ്രയിക്കുന്നത് യുക്തിയെ അപ്പോൾ ആ യുക്തിക്ക് ഒരു സാങ്കത്യുണ്ട് അതിന്റെ ഒരു നിരർത്ഥകതിയുണ്ട് രണ്ടു കൂടെ അദ്ദേഹത്തിൽ അംഗീകരിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഈ കാര്യം പറയുന്നത് യീജ് തന്മയോ ഗുരാസോ നിോ നോച്ഛേദർമു യോജന നദേഷു സർവർമ്മു ശതാതെ യത്ര വർണ്ണ വർത്ത വിവേകു പരമാർതവേഷശ്വത അഭിതാന അഭിദാനം പ്രവൃത്തതേ ആത്മാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്ന എന്താണ് അത് നിത്യമാണ് ഏകരസമാണ് ഏകസ്വഭാവത്തിലുള്ളതാണ് അതിന് അതിൻ്റെ ഏക സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ് അത് ആനന്ദമാണ് ശാന്തമാണ് ശാന്തം ശിവം അദ്വൈതം അതാണ് അതിൻ്റെ ഏകസ്വഭാവം എന്താണത് അങ്ങനെ പറയുമ്പോൾ എല്ലായിടത്തും തത്വത്തെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും ആ തത്വത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അത് വിജ്ഞപ്തി മാത്രം സത്താക അത് കേവല വിജ്ഞപ്തി മാത്രമാണ് വിജ്ഞപ്തി എന്ന് പറയുമ്പോൾ ഒരാ തത്വത്തിൽ നിന്ന് അകലാൻ പറ്റത്തില്ല എന്തുകൊണ്ട് തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എല്ലാം അതിൻ്റെ ചർച്ചയും ഇതെല്ലാം തന്നെ ആ വിജ്ഞപ്തിയാണ് അല്ലെങ്കിൽ എന്താണ് വിജ്ഞപ്തിയിൽ അതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിജ്ഞപ്തിയാണെന്നറിയുമ്പോൾ വിജ്ഞപ്തി മാത്ര സത്ത അവിജ്ഞപ്തിയെ തന്നെയാണ് ഉമ്മ എന്ന് പറയുന്നത് അവിജ്ഞപ്തി തന്നെയാണ് സത്യമായിരിക്കുന്നതും അതാണ് പരമാർത്ഥം എന്നറിയുമ്പോൾ ആ വിജ്ഞപ്തിയിൽ നിന്ന് മാറി ഇതിനെ കുറിച്ചൊരു ചർച്ച സാധ്യമല്ല വിജ്ഞാനത്തെ പെട്ടിട്ടൊരു കളിയില്ല ഇവിടെ എങ്ങോട്ട് ചെന്നാലും എന്തു ചെയ്യും അത് ആ വിജ്ഞാനം തന്നെ അത് ഈ പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും അനായാസവുമായ വഴിയാണ് അത് വിജ്ഞാനത്തിലാണ് ഈ സർവവും നിലനിൽക്കുന്നത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നത് വിജ്ഞപ്തി മാത്രം സത്ത അതിനെ പരമാവധി തിരിച്ചറിയേണ്ടത് വിജ്ഞപ്തിയായിട്ടാണ് ഇവരെ സത്തയെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ സത്ത നമ്മൾ സർവത്തിന് അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന സർവ്വ വസ്തുക്കളിലും നമുക്ക് സത്ത അനുഭവപ്പെടും പക്ഷെ ഇതെങ്ങനെയാ ഇവിടെ എന്താണോ ആ സത്ത സർവത്തിന് അനുഭവപ്പെടുന്ന ആ സത്ത അത് വിജ്ഞപ്തിയുടെ സത്തയാണ് വിജ്ഞപ്തി എപ്പോഴാണോ അതിനഗ്രഹിക്കുന്നത് അവിടെ അതിന് സത്തയുണ്ട് സുഷുപ്തി എന്തിനെങ്കിലും സത്തയുണ്ടോ ഭയങ്കര ഒരു വസ്തുവിൽ നമുക്ക് സത്ത അറിയാനുള്ളൂ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിന്റെ സത്ത അവിടെയുണ്ടോ ഇല്ല എന്തുകൊണ്ട് അവിടെ വിജ്ഞപ്തി ഇതിനൊന്നിനും ഗ്രഹിക്കുന്നുണ്ട് വിജ്ഞപ്തി ഗ്രഹിക്കാതിരുന്നാൽ ഇതിന് സത്തയില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്ത അത് വിജ്ഞപ്തിയുടെ സത്തയാണോ വിജ്ഞപ്തിയുടെ ഉമ്മയാണോ എന്ന തരത്തിൽ അറിയുമ്പോൾ ഒരാൾക്ക് വിജ്ഞപ്തിയിൽ നിന്ന് വേറിട്ട ഒന്നും തന്നെ സാധ്യമാകില്ല അതിനുവേണ്ടി പറയുന്നു മറ്റെല്ലാ വിശേഷങ്ങളും പറഞ്ഞാലും നിത്യ ഏകരസ പരമാർത്ഥം ആത്മാജം അത് വിജ്ഞപ്തി സ്വരൂപമാണ് അവിടെ ശാശ്വത അശാശ്വത ഇരുവ അഭിത നഭിതാനം പ്രവൃത്തത ആ വിജ്ഞപ്തിയിൽ നിങ്ങൾക്ക് എന്താണോ എന്തിനെങ്കിലും ഒന്നിനെ ശാശ്വതം വന്നോ മറ്റെന്തെങ്ങനെയെങ്കിലും ഒന്നിനെ അശാശ്വതമൊന്നും പറയാൻ കഴിയത്തില്ല എന്നിട്ട് ഒന്നിനെ നിത്യം ഒന്നും ഒന്നിന് അനിത്യം ഒന്നും എഴുതിരിക്കാൻ പറ്റില്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ തൊട്ട് മുമ്പ് തന്നെ പറയും ആത്മാവ് നിത്യമാണ് അനാത്മാവ് അനിത്യമാണെന്ന് പറഞ്ഞതോ നമുക്ക് കാലത്തെ അപേക്ഷിച്ച് പറയുന്നു വിജ്ഞപ്തി അപേക്ഷിച്ച് പറയുന്നാൽ കാലം നമുക്ക് ഇന്നലെ ഇന്ന് നാളെ ഇന്ന് പ്രതീതമാകുന്നത് അനന്തമായിട്ടാണ് കാലത്തിനൊരാദ്യം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല കാലത്തിനൊരു അന്ത അന്ത്യത്തെയും നിർണ്ണയിക്കാൻ കഴിയുന്നില്ല അപ്പൊ കാലം അനാദിയായി പ്രതീതമാകുമ്പോൾ ആ കാലത്തെ അപേക്ഷിച്ച് നമ്മൾ പറയും എന്താണ് നിത്യമാണ് ആത്മാവ് നിത്യമാണ് അനാത്മാവ് അനിത്യമാണ് പറയുന്നത് വിജ്ഞപ്തിയിൽ എന്താണ് ആ കാലവും ആ വിജ്ഞപ്തി സ്വരൂപമാണ് ആ വിജ്ഞപ്തിയിൽ നിന്ന് വേറിട്ടൊരു കാലവുമില്ലെങ്കിൽ അവിടെ കാലത്ത് അപേക്ഷിച്ചുള്ള നിത്യ അനിത്യ വിവേചനം എങ്ങനെ സംഭവിക്കും സാധ്യമല്ല ഇനി നിങ്ങൾക്ക് നിത്യമെന്നോ അനിത്യം എന്നോ എന്തിന് വിജ്ഞപ്തി എന്ന് തന്നെ പറയുകയും ബോധിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നാണ് അടുത്ത് പറയുന്നത് എത്രയേശു വർണ്ണിന്റെ ഏതർത്ഥാഹത്യ വർണ്ണ ശബ്ദം അഭിതാദം പ്രകാശയിതും വർണ്ണം ആവശ്യമാണ് ശബ്ദം ആവശ്യമാണ് നമ്മളീ ഘരോ ഘോരോ ഇതിനെ കുറിച്ച് പ്രസംഗിക്കുന്നതല്ല എന്തിനെ ആശ്രയിച്ചിട്ട് ശബ്ദത്തെ ആശ്രയിച്ചു ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു വിജ്ഞപ്തിയെ പരമാർത്ഥം എന്താണ് ശബ്ദം അവിടെ പ്രവർത്തിക്കുന്നില്ല ശബ്ദം പ്രവർത്തിക്കാത്ത ഒന്നിനെ ലക്ഷ്യമാക്കി ശബ്ദത്തെ പ്രയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ശബ്ദത്തിലൂടെ അത് വെളിപ്പെടുത്തില്ല നമ്മൾ പറയുന്നു ആ വിജ്ഞപ്തിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു എനിക്ക് വിജ്ഞപ്തിയെ കുറിച്ച് മനസ്സിലായി എന്താ വിജ്ഞപ്തിയെ കുറിച്ച് ഞാൻ അറിവുള്ളവനാണ് ധരിക്കുന്നത് അല്ലെങ്കിൽ വിജ്ഞത്തിയെ ഞാൻ സാക്ഷാത്കരിച്ചവനാണ് ഭരിക്കുന്നത് ഈ ധാരണകളെല്ലാം ഇവിടെ നിൽക്കുന്നു കേവലം ശബ്ദരൂപം അല്ലെ നമ്മുടെ അതിസൂക്ഷ്മമായ ചിന്ത പോലും ശബ്ദരൂപത്തിലാണ് നിൽക്കുന്നു നമ്മുടെ ശബ്ദത്തെ ഒന്ന് വിട്ടിട്ടാരെങ്കിലും ചിന്തിച്ചു പോകും ഏതെങ്കിലും ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാമെന്നുള്ളത് ബ്രഹ്മം ശബ്ദം വരും അതാണ് പരമാർത്ഥം അപ്പോൾ ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഈ അഭ്യാസങ്ങളെല്ലാം കാരണം മനസ്സിന് ശബ്ദാത്മകമായി പ്രവർത്തിക്കാൻ കഴിയും പ്രവർത്തിക്കാന്ന് വെച്ചാൽ ചിന്തിക്കാൻ വിചാരിക്കാൻ കഴിയത്തുള്ളൂ അതല്ലെങ്കിൽ എന്റെ അവിടെ മനസ്സില്ലാതെ ഉദാഹരണം ഉറക്കം തരും അവിടെ എന്താണോ മനസ്സില്ല ശബ്ദവും രണ്ടുമില്ല അതുകൊണ്ട് നമുക്ക് ശബ്ദം കേട്ടിട്ട് ഉണരാൻ പറ്റത്തില്ല ഉറക്കത്തിൽ ശബ്ദം ഇല്ല ഉറക്കത്തിൽ മനസ്സുമില്ല മനസ്സ് ചലിച്ചാൽ അത് ശബ്ദം ുഭവമായാലും സുഖമായാലും ദുഃഖമായാലും അവിടെയെല്ലാം നമ്മൾ ശബ്ദത്തെ ആശ്രയിക്കുന്നു അങ്ങേയച്ച നമ്മുടെ ബ്രഹ്മാനുഭവം പോലും ശബ്ദത്തെ ആശ്രയിക്കുന്നു പറയുന്നു എത്ര യേശു വർണ്ണിന്ത ഈ അർത്ഥാവസ്ഥ ശബ്ദ വർണ്ണ ശബ്ദ എന്ന പ്രവർത്തനത്തെ വാസ്തവത്തിന് ശബ്ദം പ്രവർത്തിക്കുന്നില്ല നമുക്കൊരിക്കലും ഈ ശബ്ദത്തിലൂടെ നിന്നറിയാൻ കഴിയത്തില്ല അതുകൊണ്ടന്നെ ശബ്ദ പറയുന്നത് അത് വാക്കുകൊണ്ട് പറയാൻ കഴിയത്തില്ല മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിയത്തില്ല പണ്ടെന്ന് പേർ തമ്മിൽ പരസ്പര ബന്ധമുണ്ട് കാരണം മനനം ചെയ്യണമെങ്കിൽ വാക്ക് വേണം അഭിതാതും പ്രകാശം ചെയ്തും എന്ന പ്രവർത്തന്ത അവിടെ നേരെ പറഞ്ഞു നിത്യാനിത്യ അവിടെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല പ്രധാനമായ കാരണം അവിടെ ഒരു തരത്തിലുള്ള ശബ്ദവും അതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നർത്ഥം ശബ്ദത്തിനുള്ള ശേഷിയില്ല ശബ്ദശക്തി എന്താണ് അതിന് പ്രവർത്തിക്കാവുന്ന ഈ വസ്തുക്കളിലേ വസ്തുവെന്ന് പറഞ്ഞാൽ നമുക്കുടനെ മനസ്സിലാകും മനസ്സിൽ എന്താ വരുന്നത് ഒരു രൂപവും ഒരാകാരവും ചില ഗുണങ്ങളും ചില ക്രിയകളും എല്ലാം വരും പക്ഷെ ഇതൊന്നുമില്ലാത്ത ഈ എന്താണ് വിജ്ഞപ്തി മാത്രമായി അതിനു ശബ്ദത്തിലൂടെ എങ്ങനെ ബോധ്യപ്പെടാൻ കഴിയും പറയുന്നു വിജ്ഞപ്തി എന്നുള്ള ശബ്ദത്തിലൂടെയോ ആ വിജ്ഞപ്തി എന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾ എന്താണോ ഇപ്പൊ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിജ്ഞപ്തിയുടെ വാസ്തവ രൂപമല്ല പിന്നെ വിജ്ഞപ്തിയുടെ മായാമയമായ രൂപത്തെയാണ് ഗ്രഹിക്കുന്നത് വിജ്ഞപ്തിയുടെ വ്യാവഹാരികമായ രൂപത്തെയ ഗ്രഹിക്കുന്നത് വിജ്ഞപ്തിയുടെ പാരമാർത്ഥികമായ ഒരു രൂപത്തെയല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് കൊണ്ട് ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുക ശബ്ദം കൊണ്ട് ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തത്തില്ല നമ്മൾ വിചാരം കൊണ്ട് ഈ ബോധത്തെ ഉണർത്താൻ ശ്രമിച്ചാൽ അത് അതിനൊക്കെ മറ്റ് പ്രയോജനങ്ങളും അചരസ്വാമികൾ പറയുന്നത് പോലെ അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ മറയെ മാറ്റുന്നതിനൊക്കെ ഒരുവിധ സഹായം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്താണ് എൻ്റെ ബോധം എന്റെ ചിന്ത സദാസമയം വിജ്ഞപ്തി തന്നെ നിൽക്കണം ഞാൻ വിചാരിച്ചാൽ ശ്രമിച്ചു നോക്കാൻ നടക്കട്ടെ എന്തുകൊണ്ട് അനിത്യമായ നമ്മുടെ വിചാരങ്ങൾക്കോ അനിത്യമായ ശബ്ദങ്ങൾക്കോ ഒന്നും അവിടെ എത്തിച്ചേരാനോ അതിനെ പ്രകാശിപ്പിക്കാനോ കഴിയത്തില്ല പിന്നെ നമ്മൾ ശ്രമിച്ചാൽ കഴിയുന്നത് എന്താണ് ഈ വിജ്ഞപ്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങള് നമുക്ക് നിലനിർത്താൻ പറ്റും അത് വിജ്ഞപ്തിയെക്കുറിച്ചുള്ള കേവലം ചിത്രവൃത്തികൾ സങ്കല്പങ്ങൾ മാത്രമാണ് അതിന് യാതൊരു ഗ്യാരണ്ടി ഉള്ളാലും അതേസമയവും മാറിപ്പോകണം അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ആ ഇതെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നു ചെലവറിയും കുറച്ചു കൂടുതൽ മനസ്സിലാവുന്നു പക്ഷേ എന്താണ് ഇത് ഇതൊന്നും മാറിക്കഴിയുമ്പോൾ എല്ലാം പോകും ധാരണയും കുറ്റമല്ല എന്തുകൊണ്ട് അവിടെ ശബ്ദാത്മകമായ ജ്ഞാനം ഉണ്ടാകുന്നു ശബ്ദാത്മകമായ ജ്ഞാനം ഇല്ലാതാകുന്നു മനോമയമായ പ്രതീതികളുണ്ടാകുന്നു മനോമയമായ പ്രതീതികൾ മാറിപ്പോകുന്നു ഇതിന്റെ സ്വഭാവമാണ് ഇതിന് വിരമിച്ചിട്ട് കാര്യമില്ല ഇതിങ്ങനെ ഉണ്ടാകായിരിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിന്റെ സ്വഭാവമാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളിതിൽ എന്തെങ്കിലും അഭ്യാസം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇതിന് മാറ്റമൊന്നുമില്ല വിജ്ഞപ്തി സ്വയം പ്രകാശസ്വരൂപത്തിൽ തന്നെ നിങ്ങളുടെ അഭ്യാസങ്ങൾ അതിനെന്തെങ്കിലും ഗുണത്തെ വരുത്തുകയോ അതിനെന്തെങ്കിലും ദോഷത്തെ വരുത്തുകയോ എന്തെങ്കിലും ഗുണത്തെ ഇല്ലായ്മ ചെയ്യുകയോ എന്തെങ്കിലും ദോഷത്തെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞെന്താണോ ഇന്ന പ്രവർത്തത ഇതൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒന്നെങ്ങനെ ചെയ്യാം എന്താണോ നിങ്ങൾ ഈ വിജ്ഞപ്തി അങ്ങ് വെറുതെ വിട്ടേക്ക ഇവിടെ ഈ ലോകത്ത് നിങ്ങൾക്ക് അഭ്യാസത്തിന് എന്തെല്ലാം ഉണ്ട് അതിൽ അഭ്യാസം നടത്തുക അതാണ് ഇവിടെ പറയുന്നത് ഇതിന് നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും നടക്കത്തില്ല നിങ്ങളുടെ അഭ്യാസം നിങ്ങളുടെ വാക്കുകളിൽ നടക്കും നിങ്ങളുടെ മനസ്സിൽ നടക്കും അതിനപ്പുറമൊന്നും നടക്കത്തില്ല അതുകൊണ്ട് വാക്കുകളിലുള്ള സ്ഥായിത്വം മനസ്സിലുള്ള സ്ഥായിത്വം അതൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പറയുന്നു ഇതം ഏവം ഇതി വിവേകവും വിവിക്ത തത്ര നിത്യോ അനിത്യോ ഇതി എന്ന ഉച്ച വാച്ചോ നടുത്തേ ഇതീശ്വരത്തെ അതുകൊണ്ട് നമുക്ക് വാശിയാണെന്താണ് ഇതിനെ പിടിച്ചെടുക്കണം വിജ്ഞാനത്തെ സാക്ഷാത്കരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണെന്ന് പറയുന്നത് ഇതം ഏവം ഇതിങ്ങനെയാണെന്ന് അറിയണമെന്നാണ് ഇതിങ്ങനെയാണെന്നൊരു വസ്തുവിനെ അറിയാന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും വിശേഷണങ്ങളോടുകൂടി അറിയുക എന്നുള്ളതാണ് ഇതിനെങ്ങനെ അറിയുകറിയുക അങ്ങനെ അറിയാൻ പറ്റിയൊന്നല്ല ഇതിലിങ്ങനകളില്ല വിശേഷണങ്ങളില്ല ഇതിൽ പ്രകാരങ്ങളില്ല ഇതം ഏവം ഇതി വിവേക്കാതെ സാധ്യമല്ല അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക കേവലമായ ഇച്ഛയാണ് അപ്പോ പിന്നെ എന്താ ചെയ്യാൻ ഉള്ളത് എന്റെ ജോലി നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ കഴിയാത്തടത്തോളം കാര്യം എന്തെങ്കിലും ചെയ്യുക ചെയ്യുന്നതിന് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്തായാലും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയത്തില്ലല്ലോ ഇപ്പം ചെയ്യുന്നതിന് ഏറ്റവും നല്ലതെന്നുള്ളതെന്ന് ചെയ്യുക പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് ഇതിന്റെ അവസാനം എന്ന് കരുതാതിരിക്കുക അതാണുള്ള പറയുന്നത് ഇതം ഏവം ഇതേ വിവേക്കൂ വിവിക്തത എന്നാണ് അങ്ങനെ ഇതിനെ വേറെ തിരിച്ച് ഗ്രഹിക്കാം എന്നുള്ള നമ്മുടെ ധാരണ അത് സാധ്യമല്ല ഇതിന് മാത്രമല്ല തത്ര നിത്യോ അനിത്യോ ഇതി അതുകൊണ്ട് തന്നെ എന്താണോ നിത്യ അനിത്യ വ്യവഹാരങ്ങൾ ഒന്നും ഇവിടെ സാധ്യമല്ല ഒരിടത്തും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എവിടെ പഠോപംശത്തിന് നമ്മൾ ചർച്ച ചെയ്ത വിമു വേഷ ഗണതി ധനോം ഇത് ഒരിക്കലും ഒരു മറിച്ചതൊരു വെളിപ്പെടലാണ് അതുകൊണ്ട് പറയുന്നു ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല സ്വയം പ്രകാശമാണ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് പരിശ്രമമാകാം പക്ഷേ ഒരിക്കലും ഇതിന്റെ ഫലം നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ പറയുന്നു കർമ്മം കൊണ്ട് സാധ്യമല്ല കർമ്മം നിറവ് നമ്മൾ ധരിക്കരുത് തൂമ്പെടുത്ത് നിലത്ത് വെട്ടുന്നതാണ് മനസ്സിന്റെ വിചാരവും കർമ്മം തന്നെ കർമ്മം കൊണ്ട് സാധ്യമല്ലാന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് സാധ്യമല്ല അതുകൊണ്ടാണ് ഇത് ഫലമല്ല എന്ന് പറയും അതുകൊണ്ട് സാധ്യമായാൽ നശിച്ചു സാധ്യമാകുന്നതെല്ലാം നശിക്കും അതാണിതിനെ കുറിച്ച് അവസാനം പറയുന്നത് നിയതവും വാചവും വിവർത്തന്തയും വളപ്പറിയും വാക്ക് അവിടെ എത്തിപ്പെടുന്നില്ല അതിനുശേഷം പറയും അവിടെ തന്നെ ശരീരം എന്താണ് മനസ്സും അതുകൊണ്ട് മനസ്സുകൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താമെന്ന് വരുന്നതിന് എന്താ അർത്ഥമുള്ളത് അസാധ്യമല്ല എന്നാ നാജേഷു സർവധർമ്മേഷ ശത ശാശ്വത എത്ര വർണ്ണാന വർത്തേ വിവേകത്ര നോക്കത്തെ